അതിൽപ്പെട്ടതാണ് അഞ്ഞക്കൂന മുസ്തൃൻ അനി സുൽത്താന്മാരെ തൊട്ടിട്ട് ദൂരത്ത് ജീവിക്കുന്നവനാണ് ഉറച്ച അടുക്കം ഒരുപാടില്ല ഗണാധിപന്മാരും മുഖന്മാരും പല യു അനേഹി അൽബത്ത ഒരിക്കലും കിടക്കാൻ പാടില്ല എന്നാണ് മാതാമജിരൻ കിറാറി അന്നം തബീര അവിടെ നിന്ന് ഓടി മറഞ്ഞാൽ വഴി കാണുന്ന കാലത്തോളം നടക്കാൻ ഏ പറ്റില്ല പണക്കിങ്ങനെ ഇങ്ങോട്ട് നിൽക്കുന്നല്ലോ വണ്ടി വഴിയമ്പ അഞ്ഞഹത്തരികാൻ മുഖാലത്തും അവരുമായി കൂടിക്കരലിനെ തൊട്ടിട്ട് കാത്ത് സൂക്ഷിക്കലൻ വാര്യമാണ് ഇവരിലേക്ക് അവരിങ്ങോട്ട് വന്നാലും ശരി എന്നാലും കൂടിക്കരൽ നിക്കണ്ടെന്നാണ് അങ്ങോട്ട് പോകേതായാലും വേണ്ട ഇങ്ങോട്ട് വന്നാലും ശരി അത് കാരണം എന്താ പെയിൻ എത്തുമെൽവത്തും ത് മധുരമുള്ളതും പച്ചപിടിച്ചതു എല്ലാവർക്കും വ്യത്യാസബാധു വീമാമുഹഅ അതിന്റെ കടിഞ്ഞാണ ആരെ ഗെമ്മിലാ ബി അദി സലാസിയും ആരെ ഗെമിലാന്ന് കുഞ്ഞാവിന്റെ കടിഞ്ഞാണുള്ളത് ആ വേറെ ദുഞ്ഞാവിലേക്ക് വിളിച്ചുകൊണ്ട് പോകും കെടിഞ്ഞാൽ എന്തെങ്കിലും ഒരു തക്കല്ലുപ്പിനെ തൊട്ട് ഒഴിയാൻ സാധിക്കൂലെങ്കിൽ മറുളാത്തിഹീം അവരെ നല്ലോണം സന്തോഷിപ്പിക്കട്ടെ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു തക്കല്ലിപ്പ് വേണ്ടി വരും ഈ പദവി മറുദാത്തിഹിയും അവരെ മറുദാത്ത് തേടുന്ന വിജയത്തിൽ പിന്നെ വത്തിമാലത്തെ പൊതുവോമിയും അവരെ കൽവിനെ ഇങ്ങോട്ട് ചായക്കാനും ഏതോടൊപ്പം മഹാ അന്നവുംഹം തലമുത്തന്നെ അവരാണെങ്കിൽ ഏറ്റവും വലിയ ഉൽമിന്റെ ഹരികാരാണ് തന്നെ അതിമീങ്ങളും അതാലിമീകളെ കൽപ്പ് ചായ്ക്കാനും ഓറെ മറുദാത്ത് തേടാനും വേണ്ടി തക്കല്ലെപ്പ് ഉണ്ടാക്കേണ്ടി വരും വയജിബ് അലാഖുല്ലി മുത്തദ്യനിൻ വീനുള്ള ഏതൊരാൾക്കും വാജിബാണ് അലിങ്കാറു അലഹിം അവർക്കെതിരെ ഇഞ്ചാറാക്കലുംഹിം അവരുടെ മനസ്സ് കൊടുത്താക്കലും ലിഹാല്മിഹിം അവരുടെ നൊൽമ് പ്രകടമാക്കിക്കൊണ്ട് ഇങ്ങനെയൊരു കാര്യം നൊൽബാണെന്നുണ്ടാകും വെളിപ്പെടുത്തി കൊടുക്കണം വക്കമിഹിഹിം അവർ ചെയ്യുന്ന പ്രവർത്തനം മോശമാണെന്നും കാണിച്ചുകൊണ്ട് അവരുടെ മനസ്സിൽ കൊടുത്താക്കിയാലും സന്തോഷിപ്പിക്കാൻ പറ്റൂല അതുകൊണ്ട് പദ്ദാ ഹിരുവാലിം തുഷാമാരുടെ നിലയിലേക്ക് കടന്നു ചെല്ലുന്നാണ് അവരെ കൊണ്ട തജമ്പിലേക്കാണ് ഇവൻ നോക്കുക അതെ നോക്കുമ്പോ നമ്മുടെ പേർക്ക് ഇങ്ങനെ ഇല്ലാണ്ടായി പോയല്ലാന്നൊരു തോന്നല് അപ്പൊ നിയമത്തെ അന്നാമത്താണ് ഇവന് ചെയ്തുകൊണ്ട് വലിയൊരു നിയമത്തിന്റെ വേറെ ഇരുമെന്നുള്ള സാധനം അത് നിസാരമായിട്ടാണ് കാണുന്നത് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് നമ്മക്ക് ഒന്നെങ്കിൽ അങ്ങനെ ആ ഉയത്താനല്ല ഇൻകാരി അല്ലേ അല്ലെങ്കിൽ ഓർക്കെതിരെ ഇൻകാറാക്കലുള്ള പ്രതികൾ സാധ്യത വേണ്ടി വരും അത് ഞാൻ അത് മറ്റൊരു മറ്റൊരു ദശായി പഴക്കുന്ന മുദാഹിനല്ലവും അവരോട് കാട്ടുന്ന ഉദാഹരണത്തായി രണ്ട് അവയത്തക്കല്ല ഈ കലാമി അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന പക്ഷേ തക്കല്ലെപ്പ് കാണിക്കും കലാമൻ ഒരു കലാമ് എന്തു മറുതാക്കിയും ഓർത്തെ ഉപതിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഓറെ ഹാർഡ് നന്നാക്കാൻ വേണ്ടിയും വതാലിക്ക് വതാലിക്ക ഹു വൽ മുഹത്ത് സരി അതാണ് ശരിയായ മുഹത്താൻ പോവണം വേറെ ഹാരം നല്ലതാണെന്ന് പിറ്റീക്കിയുടെ സംസാരം ആവയ്യത്തുമാർക്ക് ഈ അഞ്ഞനാള മീൻ ദുഞ്ഞാഹും അല്ലെങ്കിൽ അവരുടെ ദുഞ്ഞാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൈമ കിട്ടണ എന്നൊന്നുമ്പോൾ നമ്മൾ കാവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൃത്യ തിരക്കുള്ള എന്ന് ആഗ്രഹിക്കേണ്ടി വരും വതാലിക്കു വഹച്ചു അതാണ് സ്വഹച്ചു അതെങ്ങനെ വന്നാൽ കൈക്കലാകാൻ പോകുന്നില്ല വതയകത്തി കിതാബിൽ നാരാരി വൽനാറാമെന്ന് കിതാബിൽ വരാൻ പോകണ്ട് വരാൻ പോകുന്ന ഓടിക്കഴിഞ്ഞ് എറണാ അവധി ചോദിക്കണ്ട ഇതിന് അത്ര കഥയില്ലാത്ത വിവരമില്ലാത്ത ചക്രമാരുടെ വിഷമം കഴിഞ്ഞില്ല മായ ജ്യൂസ് അഞ്ഞു നംവാദി സലാത്തീൻ സുൽത്താൻമാർ മുതലിൽ നിന്ന് മാങ്ങൾ ജാദാകുന്ന കഥര ഏതാണ് വമാലായ ജൂസ് ജാദാകാത്ത കഥരേതാണ് ചില ആനുകൂല്യങ്ങൾ അതുപോലെ ജസായി ചില സമാനങ്ങളും ഒറ്റക്കുണ്ടല്ലോ അതൊക്കെ കിതാബ്ലി മെഹാറും കഴിഞ്ഞു പോയിട്ടുണ്ട് വാലൽജും ലത്തി ഇപ്പൊ മുഖാല അസിതാവുടെ കിട്ടെന്ന് ചോദിച്ചിട്ടേ അസിതാവ് മതം കിട്ടില്ല വാലൽജും ലത്തി മൊത്തത്തിൽ പറയാപ്പ മുഖാല തത്വം അവരോട് കൂടിക്കിടരുക എന്നത് മിസാഹുല്ലിസ്ഹൂർ എല്ലാ ക്ഷേത്രങ്ങളെയും താക്കോലാണ് ഇപ്പൊ നാലും പിന്നെയല്ല ബൗലമ്മാവല്ലാസത്തി മുരമ്മ ഉല്ലാസത്തിന്റെ പോക്ക് തരീഫും അവിടെ തരീഫ് എന്ന് പറഞ്ഞാൽ എഹ്യാത്ത് മാത്രമാകുന്നു എന്നാണ് പറഞ്ഞത് قال صلى الله عليه وسلم من بدا جفا من بدا جفا والنذاകുന്ന يعني ማንத்தகரன் బాదియత జఫా బాదియత లాండన తామసకినే నాటవేర్వచందగానరుకును నాటవేర్కును అంటే ప్రతి ஒவ்வொரு పరివర్త తీది ఎక్కుంటల్లా హదీసు తోర్దలేదు మన్ ఇతమస్ సైద గఫలా సైదిని దినాన ఓడియల్ అవన్ గఫలత లాగునుండు ഒമന്നത്തെ സുൽത്താൻ അതാണ് ചർച്ച ഒമന്നത്തെ സുൽത്താൻ സുൽത്താൻ എടുക്കലേക്ക് പോയാൽ ആക്കപ്പെട്ടു നിങ്ങളെ മേലിൽ ഭരണാധിപന്മാരായിട്ട് കുറച്ചാൾ വരും ഇന്നും അവരുടെ വക്കലിൽ നിന്ന് നിങ്ങൾക്ക് മാറുവായ കാര്യങ്ങളുണ്ട് മുങ്കറായ കാര്യങ്ങളും ഉണ്ടാകും അത് പമന്ന മുങ്കറായ കാര്യങ്ങളാണ് മുങ്കറാക്കിംഗറാക്കുകയാണെങ്കിൽ അതുപോലെ മുങ്കറായ കാര്യത്തിനോട് ഇവൻ വെറുപ്പ് പ്രകടിപ്പിച്ചാൽ അവൻ തലാമത്തായി അതിനെ തൃപ്തിപ്പെടുകയും അതിനോട് പിമ്പറ്റുകയും ചെയ്താൽ തൊട്ടവടെ ദൂരത്താക്കൂന്ന് പറഞ്ഞത് ഇങ്ങനെ അപ്പോൾ ചോദിച്ചു അപ്പോൾ അവരോട് നമുക്ക് സമ്പരം ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു മുങ്കറായ കാലം നടത്തുന്ന ആലെ തള്ളുന്ന ഇഷ്ടം പറഞ്ഞില്ല ഒന്നും പറ്റൂല മാ തെല്ലോ നിച്ചിരിക്കുന്ന കാലത്തോളം മറോട് ഇഷ്ടം പറ്റൂല പറയും ഒരു അതിൽ താമസിക്കൂല ഇല്ലെന്ന് നോക്കി രാജാക്കന്മാരെ സന്ദർശിക്കാൻ പോകുന്ന മൂലാക്കന്മാരല്ലാണ്ട് ുംമവാൻ ചിത്തനന്റെ മൗക്കിഫുകളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു എന്താണ് ആ ഫിത്തന ആൾ അബുബാബുൽ ഉമറാഹാണെന്ന് പറഞ്ഞു എന്താ ബന്ധു യും അഹതുക്കും അനല്ലമീർ നിങ്ങൾപ്പെട്ട ഒരാൾ അമീറമ്മെ കടന്നു ചെല്ലും കതികാരം ഉണ്ടാക്കും കട്ടറി കാക്കും ഇത് അയാളിലില്ലാത്ത കുറെ വണങ്ങളും പോരിച്ചടക്കെ പോകും പോകുമ്പോൾ പതിയിലുണ്ടാക്കിയിട്ട് പോക്കുന്നു പോരിച്ച പറയാൻ പറ്റും എക്സോമിനെ നാലു മിനി ഒന്നിനെ പറയാൻ പറ്റും മക്കാലും പറഞ്ഞ അൽക്കിന്മാന്ന് പറഞ്ഞ മുർദലിങ്ങളെ അമീന യും സുൽത്താൻമാറുമായിട്ട് ആരാധിക്കുന്ന കാലത്തോളം മഹി പ്രാനുദാലിക സുൽത്താൻമാറും മുഖാനത്തെ വന്നാൽ പത്ത് കാടുത്തുല മുലങ്ങളോടെ വറുണ്ടാക്കി ധിയാനും അതുകൊണ്ട് ബഹനാരൂഹം വാസം അവരെ സൂക്ഷിക്കണം അവർ കൈയടിക്കണം അപ്പം നല്ല പാർട്ടിയും രാജ്യത്തോളം ിൽമിയോട് പറയപ്പെട്ട് നിങ്ങളവക്കൽ നിന്ന് ഇൽമ പഠിച്ചു പോകുന്നവടെ വർദ്ധനകൾ കാണുമ്പോ ഇനിമിനെ വളരെ ഹയാക്കാക്കിയിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ട് അവൻ പറഞ്ഞ എന്റെ ശിശന്മാരെ കേട്ടണ പറഞ്ഞാ സഹജി നിങ്ങൾ തേക്കൂട്ടി ഇതി പറയേണ്ട ജമ്മു തൂന കമലിൽ ഇതാക്കി ഇൽമ കിട്ടുന്നതിന് മുമ്പ് തന്നെ മൂന്നിലൊരു ഭാഗം മരിച്ചുപോയിമു കിട്ടിയിട്ടില്ല മൂന്നിലൊന്ന് അവർ കൃഷാൻമാറ ബാധിക്കലാ നാടപ്പണി കടിച്ചാ പോകുന്നു ചതൂർ സൽക്കാർക്കും പോലും വസ്തുപ്പൻ ബാക്കിയുള്ളതോ ലൊന്നിങ്ങനെ നിങ്ങൾക്കല്ല അതിൽ നിങ്ങൾക്ക് മുപ്പലീനങ്ങളായാലും വളരെ കുറച്ചു അപ്പോ ഇങ്ങനെ ആയിരക്കണക്കിന് ശിക്ഷന്മാർ വിട്ടുണ്ടാക്കി കഴിയുണ്ടെങ്കിൽ അറുപത്താറ് പേർസെന്റ് പോയി ശു ബാക്കിയുള്ള മൂന്നിലും മുപ്പലീനങ്ങളായാലും വളരെ കുറവ് <تصفيق> آم وقال علي قال سعيد بن المسيب رضي الله عنه اذا رايتم عالم يرسل عمره ها مودர்க்கা നിങ്ങൾ കണ്ടു ഉമറാ അിയെ പൊത്തിപ്പിടി നിൽക്കുന്നത് കണ്ടാൽ فاذا ليكോ ബിന്ദോ നിങ്ങൾ അവനെ തൊടിച്ചുകളണം ഫൈനോ ദിനവ പെരും കണ്ടനാകുന്നൂന്നാവർന്നു وقال اللعودي رضي الله عنه بما انت ان ذا لا لله تعالى من عالِم يزور عاملا اور برنا دی نے سنرثിക്കാൻ بگنہ اور عالما كان الله تعالى ابدا ہے حال لوگوں نے کہا رسول الله صلی اللہ علیہ وسلم کیرا علماء من سبایا رنریو الذين يزورون المراء المراء کنا نوتر كلمة الومراء اللهم لغيرنا هذا عالم ينجل يورطو من العالم حياء الومراء اللذين يسولون لغيرنا ومراء اللهم لغيرنا وقال ما تحول لذي مسكين رحمه الله إنما انتحلم القرآن وتفكه في الدينين قرآن بارت دين اللهم لتفكهم أريكم على التمافي ثم صحبت سلطانا فإن السلطان أورا صحبته ി ഓനൊക്കെ ഉള്ള ഒരു ബിസപ്രകടനം സീമാനടുത്തലുള്ളത് ഒരു ആശയും അവന്റെ കാൽ എത്ര എണ്ണമുണ്ടോ ആ എണ്ണത്തിനനുസരിച്ചിട്ട് എന്താക്കും ജഹന്നഹന്റെ അഴാടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞു മാസി ഒരാരും ഇതിനെ സംബന്ധിച്ചോട്ടണം ഏറ്റവും വടക്കായ സംഗതി എന്താണെന്നല്ലോ ഓണ്ടെ മധുരത്തിലേക്ക് പോകുന്നു ഫോൺ ഒക്കെ പാലാവ് ചോദിച്ചത് ഓഫർ സ്ഥലത്തില്ല റൂമ് പൂട്ടിന് ആ ഓരാക്കി കാണില്ല നേരത്തെ ഉണ്ടാകാന്ന് ചോദിച്ചു കൊള്ളതേക്ക് ഏ പിന്നെ എവിടെയാണോ പൈസ ഒരു അങ്ങനെ വിളിച്ച് ചോദിച്ചു നോക്കുമ്പോൾ ഞാനിവിടെ കൂട്ടാൻ തീരത്താ ഉള്ളത് എന്നാ പറഞ്ഞു ഞാനിവിടെ അമീന്റെ കൈപ്പീ എന്നാ പിന്നെ ഇങ്ങനത്തെ അസ്മചായ്മ ഹുബുണ്ടല്ലോ മീർന്നാ പറഞ്ഞു മുംബൈയിലെ ചോദിക്കും തോന്നിരുന്നു വകുപ്പുമാണു സ്വനോൻ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അന്നു യുവാൻ ഒരു മൂലാർക്കുഞ്ഞാടിനെ സ്നേഹിക്കുന്ന കണ്ടുകഴിഞ്ഞാൽ പത്ത ഹിമോഹാദീനിക്കും നീനന്റെ വിഷയത്തിൽ അയാളെ നിങ്ങൾ സംശയിക്കണം അയാളെ നീനൻ നിസ്നേഹിച്ചു നമുക്ക് തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഹത്ത ജെർബദ്ധ താലിക ഞാനിത് ശരിക്ക് പ്രതീക്ഷിച്ചറിഞ്ഞ ആളാകുന്നു എന്നാണ് إذا ما دخلت قطواله هذا السلطاني كانوا هي سلطان ذميرني ज्ञानी قرنته إلا محاسبه نفسي منوره நானे النفسோடு محاضره செய்யும் بعد الخروج فراء عليه المضر ايه انا عندكم اديஸ்வரानी அந்த الوقت اديஸ்வரानी அந்த ஆ வாந்தம் தரவன மஹல் பாஹுதி من الريلثي والفلالتي وكثرة المخالفة لهواهُ ولا وديت ننجو من تقواله كفاقا نفسنده من ഞാൻ കാണുന്നത് വദർക്കിനെ ദർക്ക് എന്ന് പറഞ്ഞാൽ എന്താ താഴ്ന്നവള് ദർദി ദർക്ക് എന്ന് പറഞ്ഞാൽ എന്താ ദർബി കുന്നടവുകണ്ടേ പരിം ദർക്ക് അവ രക്തിനെ നിന്നെൻറെ രക്തിനെ ില്ലല്ല വാതും തറൗന നിങ്ങൾ കാണുന്ന മാ അൽഫാഹുബിഹി അവനുമായിട്ട് ഞാൻ കണ്ടുമുട്ടുന്ന കിട്ടുന്നൊന്ന് റില്ലത്തിനാലും പതാളത്തിനാലും അവന്റെ തനവാക്ക് എതിരെ ഞാൻ മുഖാലഭത്ത് കസറത്താക്കുന്നത് ഇങ്ങും കാണുന്നുണ്ട് അവരവർ സമജൂന പറയുന്നു ഞാനത് സുൽത്താൻ അടുക്കിലേക്ക് പോയിപ്പ പക്ഷെ ഞാനവനോട് ബാണരെ കടുപ്പത്തിലാകുന്ന ഗൃഹത്തിനും പതാകത്തിനും അവന്റെ കണിഹാനോട് മഹാലഭത്തായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ പെരുമാറുന്നു ഇതെല്ലാ ആഴ്ചയും എന്റെ നഫ്സിന് ഉണാക്ഷപ്പെ ചെയ്യുന്ന അവസരത്തിൽ നെഫ്സിന് ഒരു ഇടിച്ചിട്ട് കാണുന്നുണ്ടെന്നാണ് പിന്നെ അവൾ കോപ്പണം പോയി കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ ഉണ്ടായിരിക്കുന്നു അനുകൂലിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നിരുന്നാലും വല വധിച്ചു ഞാൻ ആഗ്രഹിച്ചു പോയി അൻ നഞ്ചു പറഞ്ഞ ദുഹൂരി അടി അവന്റെ മേൽ കേറി ഞാൻ സലാമത്താവാൻ കപാതൻ എന്നുവെച്ചാലോ അവളെ സന്ദർശിച്ച വാകയിൽ എന്റെ കമ്പനി കിട്ടിയ ഒരു തിരക്കുണ്ട് ഞാൻ അങ്ങോട്ട് പ്രകടമാക്കി ഭയങ്കരമായ വെല്ലത്തും പതാളത്തും കച്ചടത്തും കാലപ്പത്തുമുണ്ട് എന്നാൽ അതങ്ങോട്ട് ഇത് തട്ടിപ്പിച്ചാൽ മതിയായിരുന്നു ഇതങ്ങനെ പ്രതികാരമായി പക്ഷേ മാ എന്നീ രാത്വവും ഇന്ന് ചെയ്യിക്കാൻ ഒരാശന പോലെ ചെറുബത്തമാൻ അവിടെ പോയിട്ട് ഒരു മുറുക്ക് വെള്ളം പൊടി കുടിക്കുന്നില്ല ഒരു സാധനം ഞാൻ വന്നതുമില്ല എന്നെ കണ്ടും അറിയണ്ടാവും കൺബിനൊരു തർക്കം ഉമ്മക്കാല പിന്നെ പറഞ്ഞ് പറഞ്ഞു നമ്മള കാലത്തുള്ള മുല്ലാക്കന്മാർ ചെറു ജമാനീസ്ലായില്ല മുല്ലാക്കന്മാറിനെ കാണാൻ ചെറുവാകുന്നു സുൽത്താന ബിർ മുഹത്തി പല റോസകളും അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ റൊക്കകളുണ്ടാകും മുട്ടുപേസിന്റെ കുറേ കോലും കിലകളൊക്കെ അതൊക്കെ വൃത്തന്മാർക്ക് ശരിക്കും ഇവിടെ പറഞ്ഞു കൊടുക്കും എന്ന ഓക്കെ നല്ല വളർന്നിട്ടല്ല കടുപ്പുണ്ടൊന്നും പറഞ്ഞില്ല അഭിമാന യുവാക്കൾക്കും ഹവാ ഓറ തടിഹവാ തോക്കുന്ന രീതിയിലും പറഞ്ഞുകൊടുക്കും വലവും അത്മരോഹമില്ല അവന്റെ മേലിൽ കടമപ്പെട്ട നിർബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ പറഞ്ഞോട്ട് രക്ഷ അതിലാ ഉള്ളു തന്നെ എന്നാലും കലഹും ഈ സുൽത്താൻ ഇവരോട് ഇനി കേൾക്കാൻ പറ്റൂല എന്താണ് നമ്മളെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കുന്നത് ഭാരമായി തോന്നും അതിഹാ ദുഃഖപൂരൂഹം മേലാൽ കയറണ്ടെന്നും പറഞ്ഞപ്പോറണെന്ന് ബോധ്യുണ്ടെങ്കിൽ പറഞ്ഞു നിൽക്കണം അപ്പൊ വക്കാരനാളികൻ ഇന്തറബിം എന്നാലെന്താ ഇവര് പോകാലം എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നജാത്താകുമായിരുന്നു മാത്രമല്ല ഈ പ്രശ്നത്തെ സ്വീകരിച്ച് ഓർക്കും നജാത്താകുമായിരുന്നു ണ്ടല്ല ഇപ്പൊ പഠിപ്പിക്കുന്നില്ല പഠിപ്പിക്കില്ലേ പിന്നെ ഞാൻ കൊണ്ടാണ് പുള്ളേ ഞാൻ വാട്ടി കേൾപ്പിച്ചു ഞാൻ അത് പിള്ളേര് നമ്മൾ പണിക്ക് ഇച്ചാർ എങ്ങനെ ആരാച്ച് രണ്ട് ഏത് ചെറിയ ചെക്കനെ കൊണ്ടുപോയി നമ്മൾ ും നിങ്ങൾക്ക് മുമ്പ് ഒരാൾ കഴിഞ്ഞു പോയിരുന്നു ഇസ്ലാമിനെ കോർ കയറി വന്നു കദമുൽ ഇസ്ലാമിൽ അദ്ദേഹത്തിന് നല്ലൊരു പദവിയുണ്ട് തങ്ങളോട് സുഹെബത്തും ഉണ്ട് അങ്ങനെ ആള് കഴിഞ്ഞു പോയിട്ടുണ്ട് ആരെ പറ്റിയവർ പറയുന്നു ഹസൻ ബദരി പറഞ്ഞത് ി മുബാറക് റമിയെ പറയുന്ന ഹസ്ലൻ ബസ്രി അയാളെ പറ്റി പറഞ്ഞില്ലേ അത് അനിയബി അനാബിൻ അനാബിഹി സാദുബിൻ്റെ പറ്റിയത് പറഞ്ഞത് ഒരാള് ഞെഞ്ഞുപോയിട്ടുണ്ട് ആ സാദുബിൻ അബി വക്കാത്ത് തങ്ങൾ അല്ല കാല ഹസൻ ബസ്രി പറയുന്നു സേദുബിൻ തങ്ങൾ വക്കാനല്ല സുൽത്താൻമാറുമായിട്ട് യാതൊരു ബന്ധം ചെയ്യാറില്ല വൈ അം സിറു അനും അവർ തൊട്ട് ഓടലാന്നാണ് കണ്ടുടം സകാലു അപ്പോൾ സേതവിനഭിപ്രാശങ്ങളുടെ മക്കൾ പറഞ്ഞ് ഈ സുത്താമാരോടിച്ചടി പോകുന്നുണ്ടല്ല നിങ്ങളല്ലാത്ത പലരും പോകുന്നുണ്ടല്ലാം ഇസ്ലാമിന് നല്ല കഥമു സ്വഹബത്തുമുള്ള ചിലർക്ക് പോകുന്നുണ്ടല്ലോ ഹലൗ അച്ഛൻ അതുകൊണ്ട് ഉപ്പാക്കൊണ്ട് പോയി കൂടെ എന്ന് ചോദിച്ചില്ല മക്കളും സക്കാട് അപ്പോ ചതിപാസങ്ങൾ പറയുന്നത് മക്കളല്ലേ അപ്പൊ ബനിയ ജമ്മല്ലേ ബുനയ്യ എന്നൊരു വർഷമാണ് ഇപ്പോ അല്ല ഞാ ബനിയ ആ തീ ജീപത്തൻ ഞാൻ ഒരു ചവത്തിന്റെ അടുത്തേക്ക് പോകണോന്ന് ആ മക്കളെ നിങ്ങൾ എന്നോട് പറയുന്നു കഥി ഹാ കൌമൻ ഒരു കൌമ ചുറ്റിപ്പിച്ചിട്ട് കൊണ്ട് ചവണ്ടൂടെ ആ ചവത്തിനെ കാണാൻ പോണോ എങ്ങനെ പറയുന്നു വന്നാൽ താത്തോ ലാ വിചാരിക്കുമോ ചെയ്യാ എനിക്കാവതണ്ട കാലത്തോളം ആ പോയില്ല എന്ന മക്കള് പറയുന്ന യാ അബാന ഇതൻ നെഹ്റിക്കോ ഹസാന അപ്പൊ ഞങ്ങക്ക് പൈസ ഒന്നും ഇല്ലാത്തി ദാരിദ്ര്യം കൊണ്ടെന്താക്കും മെലിഞ്ഞിട്ട് ഞങ്ങൾ മെച്ചു പോകില്ലേ എന്ന് അങ്ങനെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടാൻ വേണ്ടി ചിലപ്പോ പോകുന്നുണ്ടല്ലോ അങ്ങനെ നീക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നു ഏ കാരപ്പം പറഞ്ഞാ പനിഞ്ഞ എന്റെ മക്കളെ ലൂത്തൂരൻ മെരിഞ്ഞൊക്കെ മോമിനായിട്ട് മരിക്കല നല്ലത് അമൂത്തം മുനാഫിക്കുനാഫിക്കായിട്ട് മരിക്കുന്നതിനകത്താണ് നല്ലെന്താ മറിയോ മെരിഞ്ഞ മോമിനായിട്ട് മരിക്കുന്നു ഇത് തങ്ങളെ സ്വഭാവത്തിനെ പറ്റിയവർക്ക് കാറൻ ഹസം തങ്ങൾ പറയുന്നു ഹസമഹും വന്നായി ഇത് അല്ലെങ്കിൽ മന്ന തുറാബ് മക്കളോടും ഇങ്ങനെ തർക്കണം എന്താന്ന് മൂപ്പർ അറിഞ്ഞോടിച്ചു തുറാബ് എന്നുള്ളതിൽ അഹമ തിന്നും മണ്ണെന്താക്കും ശരീരത്തിലെ മാംസവും തടിയും തിന്നും ഈമാന തിന്നാൻ ഇതല്ല അപ്പൊ പുഴുക്കടക്ക് നിന്നാനുള്ള സാധനം വർദ്ധിപ്പിച്ചിട്ട് ഈമാം കുറക്കുന്നുണ്ട് മക്കളോട് തർക്കിക്കേണ്ട കള്ളി وفي هذا الشيء يتساعد لله أننا باقرة على السلطان العيس ومن النفاك البكتاء سعيد بن عزيب قد تحصلين ونصلاين من المنافقات كم اتكالان واضحيني نفاك نتو بجيش الأوليان نفاك وهو منابض للإيمان ندلان داني ോട് ഞാൻ അവർ നിന്ന് വല്ലതും നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ദീനിൽ നിന്ന് അതിനേക്കാണ് അബദ്ധ അങ്ങോട്ട് തട്ടിപ്പിച്ചിട്ടുണ്ടാവുന്നതാണ് മൊയാമാറ സംബന്ധിച്ചത് ഭയങ്കര ഫിത്തിനാണ് ഇവരെ മേലെ ആധിപത്യം സ്ഥാപിക്കാനുള്ള നല്ലൊരു നെഴിയത്ത് വന്നു അത് നീക്കം കഴിക്കാത്ത പ്രയാസകരമായ നെഴിയത്ത് ചിലത് അവസ്ഥയിലെ നീക്കക്കാണ് ഇത് പോവില്ലല്ലാത്ത ഹജത്തും അക്കമൂലത്തും പ്രത്യേകിച്ച് നല്ല സംസാരിക്കാനുള്ള വാചാളതായും കലാമൻ കൊല്ലുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ കുടുങ്ങിയതല്ല കുറച്ച് സംസാരിക്കാനുള്ള സംസാരിക്കാനാണല്ലോ ഓർക്കും സംസാരിക്കും അതാണ് ലഹരി ഇതെല്ലായകാല ശൈത്താൻ കാരണം ശൈത്താൻ ഉണ്ടാക്കുന്ന വിൽക്കയുടെ ഓനിക്കെട്ടുകൊടുക്കും അല്ല ഈ വാദിക്കലഹുമ്പോൾ ദഹോദിക്കാലേ മായുദ്രോഹം അല്ലെന്നു നിളവന്നാൽ ഓർത്തി കൽപ്പത്തിലാക്കിയാണെന്നും ഇതെല്ലാം പൗസാ കിട്ടുന്നു ഏ മാം മുമ്പിനെ തൊട്ട് പിന്മാറാൻ സാധ്യതയില്ലേ നിങ്ങൾ പൊട്ടാളെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓറോട് ആരാ പറഞ്ഞു കൊടുക്കുക ഇങ്ങനത്തെ സംസാരിക്കാൻ നിന്നാണ് മറ്റിലാക്കി കഴിക്കോ അയ്യൊക്കെയുമ്പോ ചായ ചറായി ചായടക്കെ നിലനിർത്താൻ ഓറെ പ്രേരിപ്പിച്ചത് സുൽത്താൻ അങ്ങനെ കൊണ്ടാണ്ട് സുൽത്താൻ അടുക്കൽ പോക്കുക എന്ന് പറഞ്ഞാൽ ദീനിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാന്ന് വിലയിലേക്ക് കൈത്താൻ എന്താക്കുമെന്ന് എത്തിക്കും അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പോക്കുക എന്ന് പറഞ്ഞ ദീനിന്റെ ഒരു ഭാഗമാണെന്ന വേറെ കൈത്താൻ എത്തിക്കും ഇനിയോ ആടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നീ നല്ല സ്വഭാവക്കാരനാണ്ട് നീക്കു കടുപ്പ് കടുപ്പതി പെരുമാറിയ സൗലല്ലെന്നല്ലേ ഏ മുാനിബിനോട് പറഞ്ഞ് ഇറോൺ രാജാവിനോട് െങ്കിൽ ലാൻഡ് വെച്ചതെത്തോളും അത് നല്ല തോപ്പിട്ടിട്ട് വാസാനം വരണം എന്നാല് മനസ്സിന് കച്ചെടുക്കാൻ കഴിയും അങ്ങനെ തോപ്പിടാൻ തുടങ്ങും നല്ല ടുത്തോ എന്റെ മൂപ്പ് പൊന്തിച്ചൊരു പാട്ടെല്ലാം പാടി അതില് നല്ലൊരു മതഹല്ലു അതോടുകൂടി ഒക്കെ ഈ അലാക്കും ലാലിമിനെ ഇത്ര വന്നിട്ട് കാണുന്നാൽ എന്തായി ദീന എന്റെ ഹലാക്ക് ഉറങ്ങും ഇര അരിമോ അനിലോ അവർ ഇന്ന് പൊളിച്ചു കഴിഞ്ഞാൽ എന്താക്കും അമർത്തിക്കും പൈതാ അമിനു അമൽ ചെയ്തോ പിന്നോർക്ക് വേറെ സമയം കുട്ടികളെ ഇല്ലേ പൈതാശ്യതോ ബാറെസൂലാകുമ്പോ ഫക്കിതോ പിന്നെ മറ്റുള്ളവർക്ക് കിട്ടാണ്ടായി ഒരാൾ താറ്റാന്നും കാണൂല പൈതാ ഫക്കിതോ അങ്ങനെ കിട്ടാണ്ടാവുമ്പോ തന്നെ ഓർത്തേടപ്പെടും പൈതാസൂലി ആവുമ്പോ ഹറും ഓർ ഓടിക്കണം അതിന് മസൂലാവും അമർപ്പ് ഞാൻ ശ്രമിക്കുന്ന അസന്ധങ്ങളിലേക്കൊരു കത്ത് കൽപ്പനകൾ നടപ്പാക്കുന്ന വിഷയത്തിൽ എനിക്ക് സഹായം തേടാൻ ഒരു സൗമ്യങ്ങളെ പറ്റി പറഞ്ഞു തരണമെന്നാണ് മറുപടി ലീനന്റെ ഹരികാരെ വേണ്ടത് എന്ന പല രീതിയിലൂടെ ഓർ നിങ്ങളിലേക്ക് വരില്ല വീനിലെ ഹലുകാരാണ് കൊണ്ടത് നിങ്ങളുടെ രാജാവല്ലേ രാജാവ് സാധാരണ രാജാവ് എല്ലാവർ ലോകത്തെ പെട്ടെന്ന് ഐയ്യൊരിക്കും വീനന്റെ ഹനുകാർ ഒരാൾ ഉലി മുനക്ക നിങ്ങളിലേക്ക് വരൂല്ല അമ്മ ഹരി തുഞ്ഞ ഇനി ദുഞ്ഞാവിന്റെ ഹരികാരോ ഫലം തൊലീത്ത നിങ്ങളോടെ ഉദ്ദേശം വെക്കാൻ പാടുയില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നെ നീനന്റെ ആളാന്നെ ഓരോ നിങ്ങളിലേക്ക് വരൂല്ലാവിന്റെ നിങ്ങൾ ഓരോ ഉദ്ദേശിക്കാൻ പാടുല്ല എന്നു വലാ തിന്നാലേ അസ്രാഫ് പിന്നാരാണ് നിങ്ങൾ അഷറാഫിനെ മുറുക പിടിച്ചോ എന്ന് പറഞ്ഞു ആരാണ് അഷറാപ്പ് മഞ്ഞുതന്നി സുഹം ഷിയാനത്തുകാരൻ കൊണ്ട് ഓരോ ഷറഫിനെ കളങ്കപ്പെടുത്താൻ കൂട്ടാക്കാത്ത അക്ഷറാഫ് ഉണ്ടല്ലോ അവരാ നിങ്ങൾ മുറുക പിടിച്ചോന്നു പറഞ്ഞു ഒരു തരത്തിൽ സിയാനത്ത് ചെയ്തുകൊണ്ടിട്ട് അവിടെ ഷറഫിനെ കോട്ടം വരുത്താൻ ആഗ്രഹിക്കാത്ത ചില അഷ്റാഫ് ഉണ്ട് ഓടെ നിങ്ങൾ സാഹചര്യത്തിൽ എടുക്കുന്നു അപ്പൊ വിശ്വസം പറയൂ ഏതാ രാജാവിന് ശ്രീ ഉമറബുൻ അബ്ദീൽ ബാബു അസഹദ് ആ കാലഘട്ടത്തെ ഏറ്റവും വലിയ ആ ഉമ്രബുൻ അബ്ദീന്ദ്രി വൈദാക്കാന ചർത്തു അഹലുദ്ദീൻ്റെ അബ്ദുല്ല തങ്ങളെ പോലും ദീന കാണാൻ പോകില്ല എന്നാണെങ്കിൽ പിന്നെ മറ്റുള്ള ആളുകളെ തലപ്പിന് പിന്നെന്താണ് പറയേണ്ടതെന്ന് എന്ത് പേര് കൊടുക്കണം വലം ഞെത്തലി തലപ്പോ ി ഹസൻ ബഹരി തങ്ങളുടെ പോലത്തെ ഉലമാക്കളിന്റെ കലപ്പുസാദിഹിങ്ങൾ അതുപോലെ സൌരി ബാറക്ക് മുതയിൽ ഇബ്രാഹിം അദ്ഹം യൂസഫിൻ അസ്വാത്ത് മുതലായവർ എട്ടക്കല്ലെ മോനഫി ഉലമാക്കാമി ബഹൈരി മക്ക ചാമി മുതല രാജ്യങ്ങളിലുള്ള ഉലമാ ഉദ്ദിനെപ്പറ്റി ഓർക്ക് ഭയങ്കര ആക്ഷേപം എന്താ കാരണം ഇമ്മാലി മലിഹിനെത്തിയൊക്കെ ദുഞ്ഞാവിലേക്ക് ചാഞ്ഞവാകിയിരിക്കണം വൈമാറി മുഖാലി മുസ്മലാർത്ഥി അല്ലെങ്കിലോ സുൽത്താൻ മാറ കണ്ടുമുട്ടിയാകിയിരിക്കണം ഇവർ ഭയങ്കരമായി വിമർശിക്കാറുണ്ട് അതിൽപ്പെട്ടതാണ് അല്ലായക്കൂല മുസാനിരണ്ത്തുവ കൊടുക്കലിലേക്ക് ചാടി വീണാടാകാൻ പാടില്ല എന്ത് മസാലം ചോദിച്ചുകൊണ്ട് ഞാൻ കൊത്തുവരാണെന്ന് മട്ടിക്കുന്നത് കൊത്തുവ കമ്മിഷി വല്യക്കൂന മു തവക്കിത്താൻ അതിലെ അയാൾ തവക്കുപ്പാണ് ഞങ്ങനെ പറഞ്ഞാ പറയേണ്ടത് വളരെ തവക്കുപ്പ് ചെയ്തു നോയിഞ്ഞ് മാറാൻ വല്ല മാർഗങ്ങൾ കിട്ടുന്ന കാലത്തോളം വന്നപ്പോൾ അതുകൊണ്ടാണ് കേണ്ടോ തഹത്തേക്കം ഇതിനോട് ചോദിക്കപ്പെട്ടത് ബസ്ക എന്നാ തെഹഫിക്കായിട്ട് അറിയുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചോദിച്ചത് അതിനെ തെഹസിക്കാഴ്ച അറിയും അന്നാടെ കിതാബിനെ നെസ്റ്റുകൊണ്ട് അല്ലെങ്കിൽ ഹദീദിനെ നെസ്റ്റുകൊണ്ട് ഇരുമാഴ് കൊണ്ട് അല്ലെങ്കിൽ ഞാത്തുകൊണ്ട് ആണെങ്കിൽ നസ്ത പൊത്തു കൊടുത്തോട്ടെ വയസ്സു അമ്മക്കു പി സംശയിക്കപ്പെടുന്ന വസ്തയാണോ എനിക്കറിഞ്ഞുകൂടാ പറയുന്നത് إذا كنت مقرأ شمال بيسادي لهم الزامن وَيَلْفَطَابَا لَا يَسُورُ مُسَالِحًا وَيَكُولُ لَا أَبِلِي إِلَى عَلَمْ بِسِهُلَانٍ وَالَبْ فُلَّا وَسَالَيْا عَنَنَيْهُمْ بَرْدُوْرْتَهِ إِلْهِ الْآبِرِي بَرْدُوْتَهِمُ يعني يَوَا إِنْسُ إِلَى مَّا يَضُطْهُ بَجِتِحَادِ مَّ تَحْمِين റിയാം നാളെ മതാഹി പോലുണ്ട് അവിടെ നാക്കണം വളരെ സൂക്ഷ്മത പ്രകടിപ്പിക്കണം മതഫ നഫ്തി എന്റെ നഫ്സിന് ഒത്തേട്ട് തടിച്ചണോ അതായത് ഞാൻ ഏറ്റെടുക്കൂലെന്ന് പറഞ്ഞു മഹാലി ഇതിനേക്കാൾ വലിയ ആളുണ്ട് അടുത്തേക്ക് പോയിക്കൊളി എന്ന് പറഞ്ഞാൽ ഇൻറ്റാണി കൈലി കൊഞ്ഞ ആ ഹൈരലി അതിനെ പറ്റുന്ന യോഗ്യതയിൽ ഉണ്ടെങ്കിൽ വേറൊരാളിനെ അവിടത്തേക്ക് പറഞ്ഞു തരാം അടുക്കില്ല മനസത്തിന്റെ അതായത് ഒന്നിലുള്ള വലിയൊരു അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ടാണ് തലയെക്കുറിച്ച് മനസ്സത്തിന്റെ പണി ഉണ്ടല്ലോ ഇതിനെ പോകേണ്ടത്ര അല്ലെന്ന് പറഞ്ഞുഹാദിന്റെ ഖത്തർ ഒരാളേറ്റെടുത്താല് അത് വമ്പിച്ചൊരു പ്രശ്നമാണ് <là> ും മൂന്നുണ്ട് ഒന്ന് നാത്തിക്കായ കിതാബ് കൊണ്ടുള്ളതി മറ്റൊന്ന് കായിമ എന്ന് പറഞ്ഞാൽ മുട്ടക്കാതികില്ലാത്ത കായിമായ സുന്ദ് മൂന്നാമത്തെ അൽമതിരിന്ന് പറയുന്നത് ലാതിരി കൊണ്ട് കോണിക്കാത്താനും പാടില്ല എന്തിനു ലാതിരി അപ്പൊ ഇരുമിന്റെ മൂന്നിലൊന്ന രാതിരിയാണ് ചാതി പറയുന്ന ലാ അതിനിസ്കുണ്ണിൻ വന്ന പറഞ്ഞു അറിഞ്ഞുടല്ല വമൻസത്ത ഹൈസു ലായിലല്ല അലിഫിന്റെ ആവശ്യം ബിലൂലല്ലല്ല വമൻസക്കത്ത ഒരാളും ഉണ്ടാതിരുന്ന് എപ്പാൻ ഹൈസുലായതിനി അറിയാത്തതിനി എന്തിനാ ഉണ്ടാണ്ടുന്നത് ഇതിലില്ലായിട്ട അവിടെ കുക്കുത്താവുള്ളൂ പല ഐസമിയാക്കലാൻ ഇമ്മക്കാ അപ്പൊ പറഞ്ഞോളത്ത ഒരാളുണ്ടാവൂല അയാൾ തന്നെ കട കൂരി കുറഞ്ഞാളൊന്നും ആവൂലിണ്ടാടുന്നുണ്ട് കാരണം ജനലെ ഏത്താൻ വിരു ജെഹ് അശദ്ര് കടുപ്പം പോലുള്ള ജിഹാദാണ് ഇത് ജഹിലോട് സമ്മതിക്കരുത് ആ ലെഫ്റ്റിനോട് മുജാഹദിനാണ് ഇവക്ക് പുലി കിട്ടാനുള്ള കാരണം ജനങ്ങളെ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത ഒരു അമീരുണ്ട് അവിടെ പോയി കൊളിയുന്നു അച്ഛനും അതോറെ പേരുടെ തൊടിയും വക്കാൽ ഇവരിമക്രത്തിൻ തൊടിയല്ലാന്നുമായിരുന്നു പറയും ഇന്നല്ലിമുലോൻ ജനങ്ങളെ പൊത്തുക തേടുന്നതിനൊക്കെ പൊത്തുകൊടുക്കുന്ന ആളിൽ അയാൾ ശരിയായ ബ്രാഹ്മണനാകുന്നു മിത്ത പറയും വക്കാല ജന്നത്തുള്ള ആരുമിലാഹതി പറയിലാണ് ആലിമിന്റെ തുറന്നം ജുനത്താണ് ത്തൊന്നാണ് സംരക്ഷണം ജുന്നത്താണോ അല്ലെ സംരക്ഷണം യാതിരിയാൽ കാണാം ഈ ജുന്നത്തെ അയാൾ നഷ്ടപ്പെട്ടാൽ സബദ്ധീപത്തമാക്കാത്തൊരയാൾ മർമ്മത്തിന് ഏറുകൊണ്ട് മർമ്മത്തിന് ഏറുകൊണ്ട് പടയങ്കി പോയി പോയാൽ അപ്പൊ ജിന്നത്താണ് പടയാങ്കി പോയി പോയാൽ മർമ്മത്തിന് ഏറുകൊള്ളും ിന് അശബ്ദായ ഒരു സാധനമില്ല ഒരമിൻ ഫിൽമുകൊണ്ട് സംസാരിക്കുന്നു അങ്ങനെ ഷെയ്ത്താലിന് ഭയങ്കര അലർജി അതെല്ലാം ഇൻകോട്ടി പോകല്ല ഒരു പടി അതോടൊപ്പം തന്നെ ഫിൽമോട് കൂടി തന്നെ സുഗൂത്തായിട്ടുണ്ട് അത് ചേത്താനിക്കാം ഇപ്പോൾ ഒന്നുമില്ല ആദാ സുക്കൂത്തു അശദ്ധു അലേമിൻ കലാം എന്നിട്ട് പറയും ഇയാളെ കലാമിനെക്കാളിയ സുക്കൂട്ടാണ് എനിക്കും വല്ലാതെ പറയാത്തോ അയാളോ ചൈത്താനി മുജാഹദീതിട്ടില്ലേ അടങ്ങിയാൽ നിൽക്കുന്നു സുക്കൂത്തു അപ്പൊ ഓർമ്മ തെറ്റിക്ക് നിൽക്കിയാലോ തട്ടാമൊക്കെ ആളെ തെറ്റിക്കാല വസഫമാകുമ്പോൾ അപ്പൊ ആലിമിന്റെ തക്കണ്ടമും സുക്കൂത്തും കണ്ടും ചൈത്താനിക്ക് അശദ്ധാണ് പക്ഷെ എന്നാലും പറയും അയാളെ കലാമിനകത്താണ് അശദ്ധേത സുഹൂത്തിലാണ് എനിക്ക് കുഴപ്പമുണ്ട് അവകാനികളെ പറ്റി വസ്തു എന്താ പറയുന്നത് അല്ല ഓർക്കുന്നലെ എപ്പോന്നറിയാം നന്ന പക്ഷിയായിരുന്നു പാക്കത്തങ്ങറിയാല ഉറക്കങ്ങട്ട് റാലി പായാലും ഉറങ്ങുന്നു കടന്നുറങ്ങണ്ട ഇരുന്ന് തിന്നണ്ട എന്ന് പറഞ്ഞു കലാമറൂറത്തിന് മാത്രം আই না ইয়াতাকাল্লমুন হত্তায় ইউসরি সওইসাল্লাহু নুমসাदिकুলা মাইদাতু ইদো বাবাদু মা ইয়াকাসিহিম সাকাতু আদা বা চওইকা পটি মারদা আন মারবডি কড়কু ন কান্দালা ইরোন্ডালু পালি নতারু আজাবুন কাররামুন মারাতাল জাবাবুদু ওয়াকানু ইয়াহদুন ইয়ারদু ইয়াহদুন আল-ইন্তিদা কাবদাস সুহালিমিন শাহওয়াতুল হাকিয়াতিন কালাম সুহালিন মুমবায়াতু സംസാരം തുടങ്ങിയിട്ടല്ല അതിനവരെ കണക്കാക്കലേ കലാവിനോടുള്ള ശർവത്വം കത്തിയാണെന്ന് കലാവിനോട് ശർവത്വം കത്തിയിടക്കാൻ കഴിയില്ല അലിയുമാർമാർ നടന്നുമാർ എല്ലാ കാല ജനങ്ങളോ ഒരാളെടുക്കലേ അപ്പോ അലി നബി എന്താ എന്താ പറയുന്നോ ഇയാളെ പറയുന്നത് എന്നറിയുകയും നിന്നാണ് എന്നുവെച്ചാൽ ആ സംസാരിക്കുന്നവളുടെ വാക്കിൽ പോലും മറ്റുള്ളവർക്ക് അയാളുടെ പ്രസിദ്ധി കുട്ടല്ല ആര്മാരാൻ തന്നെയോ ഇവിടെ മത്സരാർത്ഥത്തിനോട് ചോദിക്കപ്പെട്ടാൽ അയാളുടെ പല്ലുകൾ ടച്ച് കുടിക്കുമ്പോൾ ഉണ്ടാവുന്നു അയാൾ പറയാത്ത مكانه ابن عمر رضي الله عنه يقول تريدونا انت الذين تصرون تادون علينا الى جهنم جهنم لديكనికല്ല നടന്നു പോകാനല്ല പാലാക്കാന നമ്മൾ നമ്മൾ അതെന്താ നമ്മൾ 얘기 ചെയ്യുന്നവര് അബൂ ഹസ്ൻ നൈസാബൂരി റബ്ബിയല്ലാഹ് പറയുന്നു ആലിമു ഹുവല്ലദീ യഖാഫ ഇൻദ സുആലി അയ്യുകുറു ലഹു യൗമൽ ഖിയാമതി മിൻ അйна ജബതാ ശരിയായ ആലിം എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ സു ആരന്റെ നേരത്തെ അദ്ദേഹത്തിന് പേടി നീ എവിടെ നോക്കിയിട്ടാ മറുപടി കൊടുത്തിട്ടുണ്ടോ എന്ന് എന്നോട് ചോദ്യം ചെയ്യപ്പെടും ആ ചോദ്യത്തിന് നീ എവിടെ നോക്കിയിട്ടാ മറുപടി വിട്ടെ എവിടുന്നേക്ക് മറുപടി കിട്ടിയിരുന്നു ചോദ്യം ചെയ്യപ്പെട പേടിക്കൂരാൻ മത്സരം കണ്ടിട്ടില്ലേ മക്കളെ ഇത്തചിത്തുമില്ല എന്നെ കൊള്ള ആവശ്യങ്ങനെ വേറാഴിയും അവിടെ കണ്ടിട്ടില്ലെന്ന് റബിയാഹ് വേണു ഇബ്രാഹിമിന് സൗരി ഇത്തക്കല്ല മൂന്നിസേനി രണ്ടാള് മൂന്നാള് ഇങ്ങനെ അഫർ ഉണ്ടാകുമ്പോൾ ഓർ സംസാരിക്കും ആള് സദസ്സരള് കൂടി പോയാൽ ഓരോ ചിന്തിക്കറിയും ഇവിടെ വക്കാലം പറഞ്ഞു മാ قولًا هزير النبي ملاخ لا ، ده سلامًا عندنا قال الله هزير النبيّان عندنا نعلم أن ؟ كلمرة نبيان ، إن هزيرت الله ورحب الله وربحب الله له much is my own It came out with you وَمَا أَتْلِيَهَ وَالَتَبَحُمْ وَلْعُنَ ملاخٌّا لأى ههو تُبَحّم ايانا والعُن اعلا انهывают نكار نورا وماذني ذكر النبينا لا هم يذكرون ولما تو الى رسول الله صلى الله عليه وسلم قدان خير الذقاي في الذي ما شلنا بو ميل ஏற்ற مخيرا يا بوكره தானা شررا يا بوكره தானা ചോദിച്ചപ്പോൾ قال لا ابي انه حتى نزل عليه جبريل عليهتنا مرنيവന്നു ഫതഹലഹു ఇబిరీలో చూచాక పక్కా రలాబి ఇబిరీని వర్ణించినాడు దాబియా ఇలా అన్ అఅలమహুল্লাহ అజవర గల్ల ఇన్న అల్లాహు తాన అరీతున్ హన్న ఖైరల్ బికల్ మతాది వసబహల్ లాస్వాకునా ఇ ఓర్తుకున్ ఓర్వేని కొలేం రేన రసూల్ అల్లాహ్ అదను గొర్కు 2000 ఉక్కువన మొగ రెండాలం భంజతరు ఓదియల ഇപ്പം ഏതാന്ന് അറിയലല്ല നമ്മക്ക് ലാതിരി പറഞ്ഞു കിട്ടില്ലാന്നല്ല നമ്മളാകും അപ്പൊ പൂർണ്ണമായ അറിവ് കിട്ടാത്ത കാലത്തോളം എല്ലാവിനീ പറയല് വലിയ മുഖപ്രമായ മടക്കിന്റെ സംഭാവന വക്കാനെ യുഭജനമാരോ റമിയോ പത്ത് മസ്തകൾ ചോദിച്ചാൽ ഒറ്റ ഒമ്പതിന് ോഡി എടുത്താൽ ഒന്നിനൊക്കെ എന്നാലും ഒന്നു നോർത്തി വക്കാനത്തിൽ മഞ്ഞക്കൂറ് ലാ അതിരി എന്ന് പറയുന്നത് ധാരാളമായിരുന്നു അക്കസറക്കൂറ് അതിരി അതിരി എന്ന് പറയുന്നതിനാൽക്കാണ് ലാ അതിരി പറയുന്ന ആളാണ് കൂടുതൽ ൾ അതിൽപ്പെട്ടവരാണ് മാലിക് ബിൻ അനസ് അഹമ്മദ് ഇരുപതോളം ആളുകൾ ഞാൻ കണ്ടെത്തിയിരുന്നു അതിൽപ്പെട്ട ആരോടെങ്കിലും ഒരു ഹദീഫിനെ കുറിച്ചോ പത്തുവയെ കുറിച്ച് ചോദിച്ച ഇല്ല വദ്ധ അന്ന അസാഹു കാലിക്ക എന്റെ മറ്റേ സഹോദരൻ അതിനെ മതിയാക്കിത്തരും എന്ന് ആഗ്രഹിക്കുന്നവരല്ല അതാ ഓ ഞറാൻ എന്റെ കാണുന്നുണ്ടങ്ങോട്ടിട്ടുഹട അന്റെ വീജിയത പറഞ്ഞു അന്ന അസാഹു കഫാഹുദാളിക്കാന്റെ അർത്ഥം കുന്ന കാനത്തിൽ തുടർന്നു അല്ലാഹരി മറ്റും വ്യാഖനമുണ്ടത് വെറുതെ ബഹുത്വം മറ്റു ഒരാട്ടിന്റെ തല മസിവിയാക്കി ഇതുകൊടുത്ത് ബഹുതി വായത്തൊന്നു ഓറാണെങ്കിൽ ഭയങ്കര പട്ടിണിയിലും ആ കിട്ടിയാളം അമ്പൽ അങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി ആടുക്കാളിലേക്ക് വണങ്ങിയെത്തി അപ്പൊ പത്തുമ ചോദിച്ചാൽ എന്താക്കും അങ്ങനെ ചുറ്റും ആട്ടും നില കൊടുത്താലും ഇങ്ങനെ ചുറ്റും മസുന്ദരില്ലേ എന്നാ പൊന്നലില്ല ഇപ്പൊ പത്തുമ ചോദിച്ചാലോ ബന്ധമുണ്ടായാലും രണ്ടും നമുക്ക് അന്ന് പന്നൂർ ആന കൈഫനൊക്കെ സമ്പ്രദുരമായി ഇനി മൊതിലാക്കന്മാരുടെ കാര്യം നേരെ രക്ഷത്തായി നോക്കി പത്താറിൽ മസുരൂപം ഇന്ന് മസുരൂപ എന്തിൽ നിന്നാണോ ഓടപ്പെട്ടത് അതിവർക്ക് അസുരൂപായി വൽമക്കളവും മഹ്റൂബൻ എന്നും തേടപ്പെടുന്നതോ അവരോടൊതുവായി ഉത്തരവാദിത്വം ഏറ്റെടുക്കലിൽ സൂക്ഷിക്കലാണ് നല്ലത് എന്നൊരു തെളിവ് മാസനദൻ അമീറൻ അറിയിച്ചുകൊണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് لا سناتا ماغمو بيا متندا لا سناتا الا تلافهن اميرن او مامورن او متكلمون فنامير هو الامام وقد كانوا هم المقتون والمغمور نائب هو والمتكلم قيوما وهم الذين تكلموا تلك النهدات من غيب هذهن وقال معلوم كانت الصحابه تدافعون نار بها تاشيا صحابته يقولوا بان نارو نال جار يوم ورا ورا لك تكم ഒന്ന് ഇമാമത്ത് രണ്ട് വസിയത്ത് മൂന്ന് വസിയത്ത് നാല് വസ്തുവാമിന്റെ ഇമാമത്ത എല്ലാ വേറെ ഒരു ഇമാതിരുണ്ടല്ല രണ്ടാരും കൂടെ തന്നെ വക്കാല പാലുഹും കാനാക്താഹും അല്ലുഹും ഇന്മൻ ആരാഹായെന്ന് പറഞ്ഞും തട്ടുന്നാളുടെ അപ്പുറം വയ്ക്കൊന്നിച്ച് അവർ ആയിരിക്കും ഏറ്റവും വക്കാനെ മാറത്തെത്തിക്കാപ്പാച്ചോ ഇം ഞായും അതാതെ മാറത്തും അല്ലാണ്ട് ചമിച്ച് പെയിന്റ് അടിച്ചുകൊണ്ട് പള്ളിക്ക് എന്താ കാര്യം പെയിന്റച്ചു കഴിഞ്ഞു കുമ്പിൻ എല്ലാത്തി പള്ളിക്ക് നിക്കുന്ന കമ്മീ കൊണ്ട് കാര്യം പറഞ്ഞിട്ട് ആടിമാർത്തറുമാൻ അമൃതം അതിന് മുൻകല്ല എന്താ കാരണം ഒരാളിക്കലിമാർക്കം അലി കൊല്ലുകല്ലാം അതമാടി ما نحن لكم سألهم وجودهم أبن أليه يجب لا له أبن ألولا إلا مارك إلا ثلاثه يجب أمر بالمعروف نهينا للمنكر ذكر الله تعالى ذكر الله عند قاتنا معي ذكرات القضاين وقال تعالى لا خير في كثير من نجواهم إلا من أمر بصدقة أو معروف أو صلاح بين الناس ൂഫക്കാടായ നല്ല അഭിപ്രായം പറയാൻ കഴിയുന്ന ആളോ കൊല്ലോ അസഹാബു അവരെ കണ്ട് ബാദുലമാർ സ്വപ്നത്തിലാ കണ്ടത് സകാലം ആറായിട്ട ഭീമാലീമിന് ശ്രദ്ധിയാ അയ്യോ നിങ്ങൾ നല്ല നല്ല അഭിപ്രായം പറയാനോ പത്ത് കൊടുക്കാനൊക്കെ കഴിയുന്ന ആളായിരുന്നല്ലോ ഏ അലി കണ്ടാ കണ്ടത് ൂപ്പർ അഞ്ചിട്ട് അവഗണിച്ച് മുഖന്തി കണ്ടെത്തിയില്ല എന്നാണ് ആസിമത്വം അതിന്റെ ആസിമത്വം അഹമ്മൂദാജ് കണ്ടിട്ടില്ല എന്നാണ് വക്കാൽബൻ തമ്മിയ അവരിപ്പെട്ട ഒരാളൊരു മസര പത്ത് കൊടുക്കും എല്ലാവ് പറഞ്ഞിട്ട് അല്ല ഇതിനും അല്ല ഉമർ ഭൂന്നമെയിലാണ് ഈ മസാല വന്നതെങ്കിൽ അതിനെന്താക്കും ബദിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ചർച്ച ചെയ്തിട്ട് മസാല വന്നുള്ളൂ നിങ്ങൾ ഇപ്പൊ ഒരു മസാല ഇട്ടുമ്പോൾ തന്നെ കൊത്തു കൊടുക്കാൻ വന്നു ഉമർ റമിയല്ലാദിനോട് ചോദിച്ചതെങ്കില് ബദിനെ മുഴുവനും വിളിച്ചുകൊണ്ടിരിക്കും ഉണ്ടാവാനടക്കം എന്താ തീരുമാനം ഇത് പറഞ്ഞു പോകുന്നു ഞാൻ പറയാൻ എളുപ്പം കൊസ് കൊടുക്കാനും ചുറ്റിനെ ഉണ്ടാക്കാൻ എല്ലാം കൂടെ നമ്മൾ കൊടുക്കരു പോലെ സുക്കൂത്ത് ബഹലിൽ എഴുതി എന്ന് ലഹുബായിരുന്നു സുക്കൂത്ത് ഇല്ല എന്താ ദറൂഹത്തിൽ അവസരം ഒഴികെ വസിൽ നിധിയുണ്ട് ഈ ധാരാഴ്ച മുഖത്തിനൊക്കെ സ്വന്തം എന്ന് പറയുന്ന വിലക്ക് ലഭിക്കുമത്ത ഒരാള് സ്വന്തം സുഹൃദം കാണപ്പെട്ടോ എന്നാൽ അയാളെ ഒന്നിച്ചു കൂടണം അയാളെ ഹിസ്മത്ത് നൽകപ്പെടുന്ന ആളാണ് ആലിമ് രണ്ടുണ്ട് ഒന്ന് ആന്മാരും ആൽമത്തിന്റെ അയാളാര പൊത്തുക കൊടുക്കുന്ന ആള് സുത്തമാർക്കാണ് മോന്നാണ് സാസ്സത്തിന്റെ ആര്യമാരാണ് അസഹാബ് സൗഹൈ അഥവാ ആൽ കുറോക്കുറിച്ച് അറിയുന്നതാണ് അവരാണ് കൂടുന്നത് അൽ മുതബൻ പോൻ ഒരു നാട്ടിൽ ഒരു നാട്ടിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അഹമ്മദ് ബിൻ അഹമ്പദ് തങ്ങൾക്കുള്ള ഉദാഹരണത്താണത് പോലെ എല്ലാവർക്കും പോരാം ഏത് പന്നുകാർക്ക് വേണം മുഖ്യരാജ് വരുന്നോ ആളും ഇരുമ്പൂട്ടും പിന്നെ അക്കിരന്റെ വേണോ അത് കിട്ടും തെക്ക് വേണമോ അത് കിട്ടും ഇരുത്തിയാവണമോ അത് കിട്ടും വറങ് വേണമോ അത് കിട്ടും എല്ലാം അവർ കിട്ടും കൊരങ്ങി വസത്തിന്റെ അകബത്തിൽ മുഖത്താതിൽ മൂടി വെക്കപ്പെട്ട ശുദ്ധജലമുള്ള ഒരു കണറ പോലെയാണ് നട്ട രീതിയില്ല ശുദ്ധജല ലാ എക്സില്ലാ വാഹിതും വഴക വാഹിനി ഒരാളെ പോയി കഴിഞ്ഞാൽ വേറാക്കലാക്കാൻ കണന്ന് വന്നു കൊരങ്ങി കുടുങ്ങിയ കണന്ന് അതിന് മൂടിയുണ്ട് എന്നാൽ നീ കൊണ്ടിട്ട് പോലല്ലേ അതാണ് മറ്റേ പുഴ വക്കാനോ മുത്തക്കല്ലിമോ നുലാനും അമലൻ ഒരാൾ ആഡിമ എന്ന് പറയും ഒരാൾ മുത്തക്കല്ലിമാ എന്ന് പറയും ഒരാൾ കലാമം അധികരിച്ചാളാന്ന് പറയും വേറൊരാളോ അമൽ അധികരിച്ചാളെന്ന് പറയും وقال ابو سليمان دمي الله ورنا المعارفه لتقوتي اقرب مني للكلام معرفته تقوتي لكാണ് അക്റബ് എന്തിനേക്കാൾ കലാമി അക്റബാണ് എനേക്കാൾ അതെ ഖുർആൻ തഹാല നമ്മൾ പറഞ്ഞത് തന്നിർമുണ്ട് ഇവരേ തസലീം അൽഫസൽ തോവി നമ്മയുമേ അക്റബാണ് നമ്മളിൽ ഈമാനിന് ഖുർആൻത്തിലും ഇങ്ങനെ ഒരെണ്ണം നേരത്തെ നമ്മൾ നേരല്ല ഇതിന്റെത് നേഹബം അദീമായ പ്രയോഗങ്ങളും എല്ലാം ലോകത്ത് കിട്ടു കാലം കൊണ്ടാണ് ചെയ്തു വക്കയിലൽ ഇൽമു കല്ലൽ കലാം ഇൽമറിയില്ലെങ്കിൽ കലാമു ചുരുങ്ങും ഇതാ കസുറൽ കലാമ് കല്ലൽമു നേരെ അച്ക്കും സുലൈമാൻ ഇല അഭിദ്രത സൽമാനല്ലേ അബുദ്ധർ താവി തങ്ങൾക്ക് സൽമാനും അബുദ്ധാവിതും വരെ കുറത്തുക്കെടാം നബീസ് ബന്ധം മുഹമ്മദ് അങ്ക് കൊടുത്തില്ല ഇന്നാണ് ഞങ്ങൾ ഇന്നാളും കുത്തി കിണക്കില്ല ഈ ആ ഈ ബലകി എന്നൊക്കെ കാറ്റ തബീബൻ തുതാബിൻ മർദാം ആയിരിക്കും അബുദ്ധർ താവിതങ്ങൾക്ക് അതിർത്ത് എനിക്ക് വിവരം കിട്ടി നിങ്ങൾ രോഗനെ ചികിത്സിക്കുന്ന ഒരു തബീബായി ചിന്നിട്ടുണ്ട് എന്ന് മറ്റേ ഇന്നത്തെ ജീവിസല്ലേക്കാ നിങ്ങൾ തബീബാണെങ്കിൽ സംസാരിച്ചോ നിങ്ങൾ കലാമ ൻ വൈകുന്ന മുത്തൻ മുത്തൻ കൊന്നാ എന്നാൽ മുസ്ലിമാ നിങ്ങൾ മുത്തബീബാണോ അതായത് ശരിയായ തബീബായിട്ടില്ല ശരിയായ തബീഫും മുത്തും അതുപോലെ ആ കശപ്പു പറഞ്ഞാൽ ഉണ്ടല്ലോ അക്കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ മുറിവൈദീനാണ് മുസ്ലിം കൊണ്ടത്തല്ലേ അതായത് വിവരം പറഞ്ഞ കാര്യത്തിൽ പൊത്തു കൊടുത്തൂടാം മുറിവൈദീൻ അള കൊണ്ടെന്ന് പറയും അപ്പൊ അല്ലാത്ത മുസ്ലിമാണ് സംസാരിച്ചോ നിങ്ങളെ സംസാരം കൊണ്ട് ചിപ അല്ലേ മുട്ടത്തമ്പിവാണോ എന്നാലേ നിങ്ങളെ സംസാരം കൊണ്ട് ആളെ മുസ്ലിങ്ങളെ കൊല്ലം കണ്ടാം അങ്ങനത്തെ അബുദ്ധർദാ തുടങ്ങിയാളിക്ക ഈ സൽമാൻ ഫാഗത്തിന് ശേഷം അബുദ്ധർദാഗ് തങ്ങളുടെ അറ്റ സ്തംനം ഇതാ സുഖിലന്നങ്ങ് ചോദിച്ചാലേ സൽമാൻ സിനിമ കൊടുക്കണ്ടല്ല അപ്പൊ അതിന് അഞ്ചിനോ എന്തൊരു തോന്നലുണ്ട് അനസ് റവിയോ സുരീസ് അൽഹസൻ നമ്മുടെ മൗലാ ആരാന്ന് അൽഹസൻ വിശ്വസം അല്ല അവിടെ ഹസന ആരാഞ്ഞോ അസംബത് സഹാബത്തിനെ മുപ്പതാ മുപ്പില്ല കണ്ടല്ലോ എന്നിട്ട് മൊഹാബി എല്ലാ തലവും മുപ്പത്തേക്കാണ് കണക്കു വിചാരിക്ക ിലേക്ക് വിടാനുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് വിടണമെങ്കിൽ താപ്യമല്ലേ അതാ ൾ മസഹൂറായ സഹാബി സൈദ്ബോബിൻ പിൻ ഹബീസൻ സഹാബി അസുൽ തങ്ങളുടെ മസിൽ ഇതുപോലെ ഹദീദ് റിപ്പോർട്ട് ചെയ്തു തഫ്തിലിഹ എന്നിട്ടോ ഈ സഹാബിയോടെ തഫ് ദിവസം സക്കാർ ഓർ പറഞ്ഞു മാഹിന്ദിയില്ല മാറും എനിക്ക് ഇങ്ങനെ വിവാദം ചെയ്ത് തരിക എന്നല്ലാണ്ട് എനിക്കൊന്നും എനിക്ക് വിവാദിയാം എനിക്കൊരു വിവാദം ചെയ്യപ്പെട്ട കിട്ടിയതെല്ലാം എന്റെ അടുത്തൊരു ഒന്നുമില്ല തപ്തീരി അവർ ഓർമ്മയും തപ്സീരും കണ്ടപ്പോ ജനങ്ങൾക്ക് അത്ഭുതം വറമാഹം മിഹിമക്കാല തത് അലോനി അനിൽ എൽമി സഹാബി എന്താക്കുന്ന കുറച്ച് കല്ല് വാടിയിട്ട് ജനങ്ങൾ എഴുന്നി ഇതൊക്കെ പറയുന്നത് ഇത്ര വലിയ വലിയ നേതാവ് ഉണ്ടാകുമോ നിങ്ങൾ ചോദിക്കാൻ കണ്ടത് തത് അലോനി അനിൽ എൽമി മഹാകൻ ഹെൽത്ത് പൈനാപരിക്കും ഇത്ര വലിയ നേതാവ് പണ്ഡിറ്റ് നിങ്ങളുടെ സ്ഥലത്ത് ഉണ്ടാകുമോ നിങ്ങൾ എന്നോടാ ചോദിക്കാൻ കണ്ടതി